ഭയത്തോടും പ്രതീക്ഷയോടും കൂടി അവൻ നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും ആകാശത്തുനിന്ന് വെള്ളമിറക്കി മരിച്ചതിനു ശേഷം ഭൂമിക്ക് ജീവൻ നൽകുന്നതും അവൻറെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ബുദ്ധിയുള്ള ജനങ്ങൾക്ക് അതിൽ തീർച്ചയായും ദൃഷ്ടാന്തങ്ങളുണ്ട്